ൾ ഉത്തരാദേവിയുടെ ഗർഭപാത്രത്തിനകത്ത് കിടന്ന് അവിടെയുള്ള ഭ്രൂണത്തെ പോലും അങ്ങനെ കരിക്കട്ടയാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയത് പാണ്ഡവന്മാരെ എന്തു ചെയ്യണമെന്ന് നോക്കിയപ്പോൾ അവരുടെ നേർക്കും അശ്വത്ഥാമാവിന്റെ പ്രതികാരാസ്ത്രങ്ങൾ അങ്ങനെ ചീറിപ്പാഞ്ഞു വരുന്നുണ്ട് സുദർശനേന സ്വാസ്ത്രേണ സ്വാനാം യഥാത് കരുണാപൂർണമായ കടാക്ഷം കൊണ്ട് ഭഗവാൻ പാണ്ഡവരെയും ദ ഉത്തരാദേവിയെയും ആശ്വസിപ്പിച്ചു അതിൽ അന്തസ്ഥ സർവഭൂതാനം ആത്മാ യോഗേശ്വരോ ഹരി സ്വമായ വൃണോ ഗർഭം വൈരാട്ട കുരുതന്തേ ഈ ഒരു മാമം സ്ഥാപ്യേതാശ്ചര്യം സർവാശ്ചര്യമയേ അച്യുതേ സർവാശ്ചര്യമയനായ അവിടുന്ന് ഉത്തരാദേവിയുടെ ഗർഭപാത്രത്തിനകത്തേക്ക് അങ്ങോട്ട് കടന്നു ആ ഗർഭസ്ഥ ശിശുവിന് ഒരു കവചമായി മാറി ആയിരമായിരം അശ്വത്ഥാമാവു എന്നാലും നൈനം ദഹതീ ഇയാൾക്ക് ഒരു ചൂടും വരില്ല നൈനം ഭിന്ദന്തി ശസ്ത്രാണി നൈനം ദഹതീ പാവക ആ രീതിയിൽ ഭഗവാൻ തന്നെ ഈ ഉണ്ണിയുടെ രക്ഷ ഗർഭപാത്രത്തിൽ വെച്ച് സ്വയം ഏറ്റെടുത്തു ഏതായാലും പോരണയിന് മുമ്പ് തന്റെ പിതൃ സഹോദരിയെ ഒന്നുകൂടി ചെന്ന് കണ്ട് യാത്ര ചോദിക്കാം അച്ചമ്പങ്ങളുടെ അടുത്ത് ചെന്നു ഭഗവാൻ കുന്തിദേവി ശ്രീലാകത്ത് ഭഗവാനെ പൂജിച്ച് മനസ്സുകൊണ്ട് തന്നെ ധ്യാനിച്ചുകൊണ്ടിരിക്കുക ആ സമയത്താണ് ഭഗവാൻ അങ്ങോട്ട് പ്രവേശിച്ചത് കുന്തി ദേവി വളരെ ധൃതിയോടുകൂടി ഷാ ഷാ ഒന്ന് വേഗം വരൂ വരൂ വരൂ എന്ന് പറഞ്ഞു എന്നല്ല ആ പീഠമൊക്കെ ഒന്ന് വൃത്തിയാക്കി ഭഗവാനെ പീഠത്തിലിരുത്തി എന്നിട്ട് ആദ്യം തന്നെ ഭഗവാന്റെ ശ്രീവാദത്തിൽ ഒന്ന് നമസ്കരിച്ചു നമസ്യേ പുരുഷം ത്വാദ്യം ഈശ്വരം പ്രകൃതയെ പരം അലക്ഷ്യം സർവഭൂതാനാം അന്തർബി അവസ്ഥിതം പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര ചൈതന്യമാണ് അവിടുന്ന് എന്ന് അടിയന് നല്ല ബോധ്യമുണ്ട് സജ്ജനങ്ങൾ പറഞ്ഞ് കേട്ട് കേട്ട് ആ ബോധ്യത്തിന് നല്ല ദാർഢ്യവും വന്നിട്ടുണ്ട് പക്ഷെ എന്നിട്ടും എനിക്ക് എന്റെ കൃഷ്ണനെ കാണുമ്പോഴേക്കും വാസുദേവായ എന്റെ ഏട്ടന്റെ ഉണ്ണീന്നെ തോന്നണുള്ളൂലോ എന്റെ ദേവകിയുടെ ഉണ്ണീന്നെ എനിക്ക് തോന്നുന്നുള്ളൂലോ നന്ദഗോപകുമാരായ നന്ദഗോപരുടെ ഉണ്ണി യശേതയുടെ ഉണ്ണി ഇത്രയൊക്കെ എനിക്ക് തോന്നുന്നുള്ളൂ ഇത് മായാജ എന്തോ ഒരു മായ എന്റെ മനസ്സിനെ ബാധിച്ചിട്ടുണ്ട് അതല്ലെങ്കിൽ ഈശ്വരനാണ് അവിടുന്ന് എന്ന് പൂർണ്ണ ബോധ്യം ഉണ്ടായിട്ട് പോലും എനിക്കവിടുത്തെ ഈശ്വരനായിട്ട് കണ്ട് ആ ശ്രീഭാദത്തിൽ ഒന്ന് നമസ്കരിക്കാൻ സാധിക്കുന്നില്ലല്ലോ കൃഷ്ണ യഥാ പരമഹംസാനാം മുനീനാം അമലാത്മനാം ഭക്തിയോഗ വിധാനാർത്ഥം കഥം പശിയേവ ഈ വലിയ വലിയ യോഗീശ്വരന്മാർക്ക് അവിടുത്തെ കാണുമ്പോഴേക്കും തന്നെ ഈശ്വര ചൈതന്യം പൂർണ്ണമായിട്ട് ഹൃദയത്തിൽ അനുഭവപ്പെടുന്നു അവരൊക്കെ അവിടുത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു പക്ഷെ അടിയന് അവിടുത്തെ കാണുമ്പോൾ ഈശ്വരനാണെന്ന് ബോധ്യം വന്നിട്ട് പോലും അവിടുത്തെ ആശ്രയിക്കാനോ അവിടുത്തെ ശ്രീവാദത്തിലൊന്നും നമസ്കരിക്കാനോ ഇതേവരെ സാധിച്ചിട്ടില്ല ഇന്നൊരു നിമിഷമെങ്കിലും ഒരു തവണയെങ്കിലും അടിയൻ ആ ശ്രീവാദങ്ങളിലൊന്ന് നമസ്കരിച്ചോട്ടെ നമ പങ്കജനാഭായ േ നമ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗന്തിദേവി ഭഗവാന്റെ ശ്രീപാദങ്ങളിൽ നമസ്കരിച്ചു ആനന്ദബാഷ്പം കൊണ്ട് അവിടുത്തെ ശ്രീപാദം കഴിച്ച് കൊണ്ട് കിടന്നു അതിശിരം ശുചാർപ്പിത എന്തോ ജീവിതത്തിൽ വിടാതെ തന്നെ പിടികൂടിയിരുന്നത് ദുഃഖമാണ് പക്ഷെ ഇന്നിപ്പോഴുതാ ആ ദുഃഖം അടിയനെ വിട്ടുപോയതായിട്ട് അടിയന് തോന്നുന്നു ഇപ്പോൾ മനസ്സിന് ശാന്തി മാത്രമാണ് അനുഭവപ്പെടുന്നത് ഇത് അവിടുത്തെ പ്രത്യേക കാരുണ്യം കൊണ്ടാണ് ഈ ഹൃദയശാന്തി അടിയന് അനുഭവപ്പെടുന്നത് ജീവിതത്തിൽ ദുഃഖം ദുഃഖം ദുഃഖം അതുമാത്രമേ അടിയന് നേരിടേണ്ടി വന്നിട്ടുള്ളൂ ഛനമ്മമാര് ഉപേക്ഷിച്ച മകൾ അതുപോലെ കാമുകൻ ചതിച്ച പെൺകുട്ടി ഭർത്താവിനോട് ഭർത്താവിന് കൈകര്യം ചെയ്യാൻ പറ്റാത്ത സഹധർമ്മം ചര ആ വാക്കുപാലിക്കാൻ പറ്റാത്ത ഒരു ഭാര്യ ഇങ്ങനെ എല്ലാ രംഗത്തും അടിയൻ പരാജയമായിരുന്നു അച്ഛനമ്മമാരുടെ ലാളനകളെ ഏൽക്കേണ്ടി വന്നില്ല അപ്പോഴേക്കും അടിയനെ അച്ഛനമ്മമാരാർക്കോ ഒരു ദത്തപുത്രിയായിട്ട് സമ്മാനിച്ചു അതുപോലെ ആര്യപൂക്ഷാലും വിവേകം തൊടുവാൻ കൈനീട്ടിപ്പോയി ധിയോയോ പ്രചോദയാൽ വരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഹ് പ്രചോദയാൽ ബുദ്ധി നേരെയാക്കേണ്ടത് സൂര്യദേവനായിരുന്നു ആ സൂര്യദേവൻ നേർവഴിക്ക് അടിയനെ നയിക്കേണ്ടതിന് പകരം അടിയന്റെ വഴി പിഴപ്പിച്ചു അങ്ങനെ ഭാര്യയായിട്ട് ഭർത്താവിന്റെ അനുമതിയോടുകൂടി നല്ല ഭർത്താവിന്റെ ശാസനയ്ക്ക് വിധേയയാകേണ്ടി വന്നു മറ്റ് പരപുരുഷന്മാരിൽ നിന്ന് ഗർഭിണിയാകേണ്ടി വന്നു ഇതൊക്കെ ഒരു സ്ത്രീക്ക് ഔ ഇതെല്ലാം കൂടി ഇത്രയേറെ ദുർഘടങ്ങൾ ഒരു സ്ത്രീക്ക് ഒരുമിച്ച് അനുഭവിക്കേണ്ടി വരിക സ്വന്തം സപത്നിയുടെ മക്കളെ വളർത്തേണ്ടി വരിക ഭർത്താവ് നഷ്ടപ്പെട്ട് യൗവനത്തിൽ തന്നെ വിധവയായിട്ട് ജീവിക്കേണ്ടി വരിക കുട്ടികളെ കുട്ടികളെ രക്ഷിക്കാനാളല്ല അവരെ രക്ഷിക്കാൻ ചുമതലപ്പെട്ട ആളുകള് കുട്ടികളെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക വിഷാൻ മഹാഗ്നേ പുരുഷാദർശനാൽ അസൽസഭായകമഹാരമ ഹരേഭിരക്ഷിത ഇത്രയേറെ ആപത്തുകൾ കൂട്ടം കൂട്ടമായിട്ട് വന്നാക്രമിച്ചിട്ടും ഇപ്പോഴും മനസ്സ് അവിടുത്തെ ശ്രീവാദം വിട്ട് മാറിയിട്ടില്ല ഇത് അവിടുത്തെ പ്രത്യേക കാരുണ്യം കൊണ്ടാണ് അവിടുത്തെ വാത്സല്യം കൊണ്ടാണ് ഈ കാരുണ്യം അടിയനിൽ എന്നും ഉണ്ടാവണേ ഒരു ആയിരപ ഭഗവാൻ മന്ദം ജഹാസ തന്റെ കാക്കൽ വീണ് നമസ്കരിച്ചു കിടക്കുന്ന അച്ഛമ്പങ്ങളെ എണീപ്പിച്ചിരുത്തി അപ്പോഴേ ഞാൻ ഈശ്വരനാണെന്നാണ് അച്ഛമ്പങ്ങൾ പറയണത് അല്ലേ ഈശ്വരന് ചില സമ്പ്രദായങ്ങളുണ്ട് അതറിയാലും അച്ഛമ്മൾക്ക് ഈശ്വരൻ ആരുടെയെങ്കിലും മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടാൽ അവർ സ്തുതിക്കും ഇതൊക്കെ കഴിഞ്ഞാൽ ഈശ്വരൻ വരം വേണോ ചോദിക്കും വരം കൊടുക്കും ഈശ്വരനെ നിർദ്ധാനം ചെയ്യുകയും ചെയ്യും ഇതാണ് സാധാരണ ഈശ്വരന്റെ പതിവ് അതനുസരിച്ച് ഞാൻ ഈശ്വരനാണെങ്കിൽ അച്ചമ്മളെ എന്നോടൊരു വരം മേടിക്കൂ അച്ചമ്മള എന്നോടൊരു വരം മേടിക്കൂ കുന്തി ദേവി ചോദിച്ച വരം കേട്ട് ഭഗവാൻ പോലും ഒരു നിമിഷം അമ്പരന്ന് നിന്നുപോയി വിപദസന്തുണ തത്രതത്ര ജഗൽ ഗുരോ ദർശനഭവദർശനം അടിയൻ ഇനിയും ഇനിയും ആപത്തുകൾ ഉണ്ടാക്കി തരുമോ ഭഗവാനെ ആപത്തു വന്ന സമയത്തൊക്കെ അടിയൻ ഉള്ളു ചുട്ട വിളിച്ചിട്ടുണ്ട് ആപത്തുകൾ സഹിക്കാനുള്ള കരുത്തും ആവത്തുകളെ സ്വാഗതം ചെയ്യാനുള്ള സന്മനോഭാവവും നൽകി അവിടുന്ന് അടിയനെ അനുഗ്രഹിച്ചിട്ടുണ്ട് ഇതേവരെ അപ്പൊ ആവത്തെല്ലാം ഒഴിഞ്ഞതുകൊണ്ടാണോ അവിടുന്ന് അടിയന്റെ മനസ്സിനെ വിട്ടുപോവാൻ ശ്രമിക്കുന്നത് അടിയനെ വിട്ടു പോവാൻ ശ്രമിക്കുന്നത് ആപത്തില്ലെങ്കിൽ അവിടുത്തെയുടെ സാന്നിധ്യവും എന്നാണെങ്കിൽ അവിടുത്തെ സാന്നിധ്യം അനുഭവപ്പെടുത്തി തരുന്ന ആവത്തുകൾ അടിയൻ ഇനിയും ഉണ്ടാവണേ ഭഗവാന്റെ ശ്രീവാദത്തിൽ വീണ്ടും ആ അമ്മ നമസ്കരിച്ചു ഭഗവാനാകെ അമ്പരുന്നു അമ്മ അമ്മയ്ക്ക് തരാൻ ഇനി എന്റെ കയ്യിൽ ആപത്തുകളില്ല ഒരു മനുഷ്യജീവിക്ക് നൽകാവുന്നതിൽ വച്ച് അതിന്റെ എല്ലാ പരിധികളും കവിഞ്ഞ് കടന്ന് ഞാൻ അമ്മയ്ക്ക് ആപത്ത് തന്നിട്ടുണ്ട് അമ്മയുടെ മൂത്ത അമ്മ കുഞ്ഞുനാളിൽ ഉപേക്ഷിച്ച അതേ മകൻ പിന്നെ യുദ്ധരംഗത്തിൽ പിടഞ്ഞു വീണ് മരിച്ച കഥ കേട്ടിട്ടും അമ്മ സഹിച്ചു നിന്നു ഇങ്ങനെ ഇത്രയും മനസ്സിന് കരുത്തുള്ള ഒരമ്മയെ ഞാൻ വേറെ കണ്ടിട്ടില്ല എന്തായാലും അമ്മ ചോദിച്ച വരം തരാൻ എന്റെ കയ്യിലില്ല എന്നിട്ടാണ് ഉള്ള ആപത്ത് മുഴുവൻ ഞാൻ അമ്മയ്ക്ക് തന്നു കഴിഞ്ഞില്ലോ നിതിലും വലിയൊരാപത്ത് എനിക്ക് തരാനില്ല എന്റെ കയ്യിൽ അമ്മയെ അതുകൊണ്ട് അമ്മ ഏതെങ്കിലും വരം ഒന്ന് മാറ്റി ചോദിക്കാമോ അപ്പോഴാണ് കുന്തി ഭഗവാനോട് ോദിച്ചു വാങ്ങേണ്ട വരം അനന്യവിഷയാമതി മധുപതേ സകൃ ഭഗവാനേ അവിടുത്തെ ശ്രീപാദങ്ങളിൽ അടിയന് അചഞ്ചലമായ ഭക്തി ഉണ്ടാക്കി തരണേ അധ വിശ്വേഷ വിശ്വാത്മൻ വിശ്വമൂർത്തേ സ്വകേഷുമേ സ്നേഹപാശമിമം ചിന്തി ദൃഢം പാണ്ഡുഷു വൃഷ്ണിഷു അനന്യ വിഷയാമതിർമുപതേ സകൃൽ രഹദാ ഗംഗാനദി അനുനിമിഷം അനുസ്യൂതം സമുദ്രത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് സമുദ്രത്തിൽ ചെന്ന് വിലയം പ്രാപിച്ചല്ലോ ഇനി എന്തിനാ ഒഴുകണേ അങ്ങനെയില്ല പിന്നെയും ഒഴുകുന്നു പിന്നെയും ഒഴുകുന്നു ഇതുപോലെ അടിയന്റെ മനസ്സ് ഈ സച്ചിദാനന്ദ സമുദ്രത്തിലേക്ക് എന്നെന്നും മുഴുകണേ ഏത് ആപത്തുകളുടെ തടസ്സങ്ങൾ ഉണ്ടായാലും ശരി ആ തടസ്സങ്ങളെയൊക്കെ തട്ടി നീക്കി ആനന്ദവാഹിനിയായിട്ട് സച്ചിദാനന്ദ സമുദ്രത്തിൽ എന്നെന്നും വിലയം പ്രാപിച്ചുകൊണ്ടിരിക്കണേ അടിയങ്ങളുടെ മനസ്സ് ശ്രീകൃഷ്ണ കൃഷ്ണസഖ വൃഷ്ണീർഷഭ അവനിധൃഗ്രാജന്യവംശദഹന അനപവർഗവീര്യ ഗോവിന്ദ ഗോദ്വിജസുരാർത്തിഹരാവതാരോഗേശ്വര അഖിലഗുരോ ഭഗവേ അത്യുജ്വലമായൊരു കഥാപാത്രം പിന്നെ വേദവ്യാസൻ മഹാഭാരതത്തിലെ മറ്റൊരു മഹാകഥാപാത്രത്തെയാണ് നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ചത് ുതം ഇമരം എല്ലാ ദേവീദേവന്മാരുടെയും ചൈതന്യം ഉടലെടുത്ത് ദായുടെ ഭൂമിയിൽ വന്ന് കിടക്കുന്ന പോലെ ഒരു ചൈതന്യമൂർത്തി ഭക്തിയാവേശ്യമനോയസ്മീൻ കുഞ്ഞുന്നാൾ തൊട്ട് ഭഗവാന്റെ ശ്രീപാദമല്ലാതെ മറ്റൊന്നും മനസ്സിനെ സ്വാധീനിച്ചിട്ടില്ല ഭഗവാന്റെ പാദസ്മരണയല്ലാതെ മറ്റു സ്മരണകളൊന്നും മനസ്സിനെ മതിച്ചിട്ടില്ല മനസ്സിനെ മതിപ്പിച്ചിട്ടില്ല അങ്ങനെയുള്ളൊരു പുണ്യാത്മാവ് ജീവിതം മുഴുവൻ ഈശ്വരനു വേണ്ടി ഒഴിഞ്ഞുവച്ച ഒരു പുണ്യാത്മാവ് സാക്ഷാൽ ഭീഷ്മ പിതാമഹൻ പാണ്ഡുവന്മാരിലെ പാണ്ഡുവന്മാരുടെ തറവാട്ടിലെ കാരണവർ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ആ പുണ്യാത്മാവ് ധർമ്മപുത്രർക്ക് ഈയിടെയായിട്ട് മനസ്സിന്റെ പ്രയാസങ്ങനെ കൂടിക്കൂടി വരുന്നു എത്ര ശ്രമിച്ചിട്ടും അദ്ദേഹത്തിന് മനസ്സിനൊരു സമനില കൈവരുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ധർമ്മപുത്ര മഹാരാജാവിനെയും ൂട്ടി ഭഗവാൻ ഈ തീർത്ഥയാത്രയ്ക്ക് ഒരുമ്പെട്ടത് ഭീമനും അർജുനനും നകുലിനും സഹദേവനും ഒക്കെ അതേ തേരിലുണ്ടായിരുന്നു ഭഗവാനും പാണ്ഡവന്മാരും കൂടി ഒരു തീർത്ഥയാത്രയ്ക്ക് പുറപ്പെട്ടു എന്ന് കേട്ടപ്പോൾ കൂടെ ദേവ ഋഷിമാര് രാജ ഋഷിമാര് ബ്രഹ്മ ഋഷിമാര് ഇവരൊക്കെ അവിടുത്തെ അനുയാനം ചെയ്തു കുരുക്ഷേത്ര യുദ്ധഭൂമിയിലേക്കാണ് ഭഗവാന്റെ തേരുകൾ വീണ്ടും പാഞ്ഞത് അവിടെ ചെന്നു േരിൽ നിന്ന് ഭഗവാൻ ഇറങ്ങി അവിടെ കിടക്കുന്ന ഒരു പുണ്യാത്മാവിനെ മൂന്നൊരു പ്രദക്ഷിണം വെച്ചു സഹചക്രിണ തന്റെ കയ്യിലുള്ള കാലചക്രം ആ പുണ്യാത്മാവിന്റെ ശ്രീവാദത്തിൽ സമർപ്പിച്ച് ഭഗവാൻ നമസ്കരിച്ചു മറ്റ് പാണ്ഡവന്മാരും ആ പുണ്യാത്മാവിനെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചു ഭഗവാനെ അനുയാനം ചെയ്ത സജ്ജനങ്ങളൊക്കെ തന്നെ ആ പുണ്യാത്മാവിനെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചു ധർമ്മപത്ര മഹാരാജാവ് ഈ ഭീഷ്മപിതാമഹനെ നമസ്കരിച്ച കൂട്ടത്തിൽ അറിയാതെ വല്ലാതെ ഒന്നു തേങ്ങി ആയ കരയരുത് ഉണ്ണി കരയരുത് സർവം കാലകൃതം മന്യേ നീയെ എന്ത് ചെയ്തു എന്നാ പറയണത് നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിനക്കൊരൊറ്റ ആളെ നുള്ളി നോക്കിക്കാൻ പോലും പറ്റില്ല എന്നിട്ട് നീ ചെയ്തുവെന്നോ അവ കാലം കാലം അതിന്റെ കരം കൊണ്ട് ലീലയാൽ ഒന്ന് പിടിച്ചു കുലുക്കിയാൽ പാടയെ ചിതറിക്കൊഴിഞ്ഞു പോവും തളിരില കൂടിയും അത്രയുള്ളൂ ഈശ്വരന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ച് ഓരോന്ന് നടക്കുന്നു കാലത്തിന്റെ ശക്തമായ പ്രവാഹത്തിൽ എന്തെല്ലാമോ ആ അടിയൊഴുക്കിൽ അങ്ങനെ നീങ്ങി നീങ്ങിപ്പോകുന്നു എന്നേ ഉള്ളൂ ഇതിനൊക്കെ കാരണം ഞാനാണെന്നുള്ളത് മനസ്സിന്റെ ഒരുതര അഹന്തയാണ് ഈ അഹന്താമതകളാണ് മനസ്സിന്റെ എല്ലാ ദുഃഖത്തിനും കാരണം നത്വം ശോചിതമ രഹസി ഭഗവാന്റെ സഹായം എപ്പോഴുമുള്ള ആളുകൾ ഈ രീതിയിൽ സ്നേഹിക്കാൻ വിധിക്കപ്പെട്ടവരല്ല ധർമ്മോത്ര മഹാരാജാവ് പ്രത്യേകം അഭ്യർത്ഥിച്ചതനുസരിച്ച് ദാനധർമാൻ സ്ത്രീധർമാൻ ഭഗവത് ധർമാൻ മോക്ഷധർമാൻ ഇങ്ങനെ പല പല ധർമ്മങ്ങളുടെ തട്ടുകൾ ആ ഓരോരോ തരം ധർമ്മങ്ങളെക്കുറിച്ചും വളരെ വിഷാദ വിശദമായിട്ട് ീഷ്മ പിതാമഹൻ സംസാരിച്ചു തന്റെ ശരീരത്തിന്റെ പീഡാനുഭവങ്ങളൊന്നും അദ്ദേഹം തന്റെ മനസ്സിനെയോ ബുദ്ധിയെയോ മറ്റ് ചൈതന്യങ്ങളെയോ സ്പരിശിച്ചിട്ട് പോലൂല്ല ശരശയയിലാണ് കിടക്കുന്നത് ഇവ അർജുന ബാണങ്ങൾ ശിഖണ്ഡിയുടെ അല്ലിവ എന്ന് ബോധ്യപ്പെടുത്തുമ്പോൾ ശിതവിശിഖ ശരീരത്തിൽ മുഴുവൻ അസ്ത്രങ്ങൾ ഇങ്ങനെ മുറിഞ്ഞു കയറുക പക്ഷേ താനുമതെ ഭഗവാന്റെ ശരീരത്തിലേക്ക് അസ്ത്രങ്ങൾ അയച്ചപ്പോൾ അർജുനന്റെ ശരീരത്തിൽ ആ അസ്ത്രങ്ങൾ കൊള്ളാതെ ഭഗവാൻ ആ ശസ്ത്ര അസ്ത്രങ്ങളെ മുഴുവൻ സ്വന്തം ശരീരത്തിലേറ്റുവാങ്ങിയിട്ടുണ്ട് ഇതുപോലെ അർജുന ബാണങ്ങൾ മറ്റാരെയും ചെന്ന് കുത്തിനോവിക്കാതെ തന്റെ കുടുംബത്തിലൊരു കുട്ടി ചെയ്യുന്ന ആ ഒരു കുസൃതി എന്ന നിലയ്ക്ക് ആ അർജുനന്റെ ബാണങ്ങളെ മുഴുവൻ സ്വന്തം ശരീരത്തിലേറ്റുവാങ്ങിയ മഹാരഥനാണ് അവിടെ മലർന്ന് കിടക്കുന്നത് ഭഗവാനെ മാത്രം ധ്യാനിച്ചുകൊണ്ട് സദേവദേവോ ഭഗവാൻ പ്രതീക്ഷതാം കളോവ ഹിനോമ്യഹം പ്രസന്നഹാസലോചനോല്ലസന്മുഖാമ്പുജ ധ്യാനപഥ ചതുർഭുജ പശ്യാഭൂപ അനുകമ്പിതം നോക്കൂ കൃഷ്ണന് ഈ ജീവാത്മാവിനോടുള്ള വാത്സല്യം എത്രയുണ്ട് എന്ന് നോക്കൂ എന്മേസൂം സ്ത്യജത സാക്ഷാൽ കൃഷ്ണ ദർശനം ആഗത അന്തേ നാരായണസ്മൃതി ജീവിതാന്ത്യത്തിൽ ഭഗവാനെ ഒന്ന് സ്മരിച്ചാൽ മതി വേണ്ട ഭഗവാന്റെ നാമം ഒന്ന് സ്മരിച്ചാൽ മതി എന്നാൽ തന്നെ മുക്തിയാണ് എന്നിരിക്കെ ആ നാമി നേരിട്ട് വന്ന് ഈയുള്ളവനെ കടാക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നത് നോക്കൂ ഇപ്പോൾ ധർമ്മപത്രരാജ മഹാരാജാവിനോടല്ല ഗുരുവായൂരപ്പനോട് കരുണാപൂർവം തന്നെ കടാക്ഷിച്ചു നിൽക്കുന്ന ആ ഭഗവാനോട് ഭീഷ്മ പറഞ്ഞു അവിടുന്ന് ഒരു നിമിഷ നേരം ഇതാ അടിയന്റെ മുൻപിൽ ഇതുപോലെ ചൈതന്യമൂർത്തിയായിട്ട് പ്രകാശിച്ചരകണം അടിയനൊരു ചെറിയ സമർപ്പണം ഭഗവാൻ ഭക്തപരാധീന ഭക്തന്മാർ എന്ത് പറഞ്ഞാലും വളരെ അനുസരമുള്ള കുട്ടിയെ പോലെ വിനയത്തോടു കൂടി അത് സാധിപ്പിച്ചു കൊടുക്കും ഇവിടെ ഭഗവാൻ പുഞ്ചിരി തൂങ്ങിക്കൊണ്ട് ഭീഷ്മവിതാമഹനെ തന്നെ കരുണാർദ്ദ്രമായി കടാക്ഷിച്ചുകൊണ്ട് നിൽക്കുക അപ്പൊ ഭീഷ്മ പിതാമഹൻ ഇതി മതി ഉപകൽപിത വിതൃഷ്ണ ഭഗവതി സത്വതപുങ്കവേ വിഭൂമി ഇതാ ഈ ചൈതന്യം മുഴുവൻ അവിടുത്തെ മഹത്തായ ചൈതന്യത്തിന്റെ ചെറിയ ചെറിയ ചെറിയ അംശങ്ങളാണ് ഇത് മുഴുവൻ അടിയൻ അവിടുത്തെ ശ്രീപാദങ്ങളിൽ സമർപ്പിക്കുകയാണ് വിഷയകാലുഷ്യം അടിയന്റെ ബുദ്ധിയെയോ അടിയൻ്റെ മനസ്സിനെയോ അടിയൻ്റെ വാക്കുകളെയോ അടിയൻ്റെ പ്രവൃത്തികളെയോ ഒരു നിമിഷം പോലും തീണ്ടിയിട്ടില്ല എന്നാണ് അടിയന്റെ ഉത്തമവിശ്വാസം ആ വിശ്വാസം ശരിയാണ് എന്ന് കരുണാമൂർത്തിയായ അവിടത്തേക്ക് തോന്നുന്നുണ്ടെങ്കിൽ സത്യസങ്കല്പനായ അവിടുത്തേക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇതാ അവിടുന്ന് ത നൽകിയ ചൈതന്യവും അവിടുത്തെ ശ്രീപാദങ്ങളിൽ തന്നെ അടിയൻ സമർപ്പിക്കണേ ഭക്തിയുടെ ഏറ്റവും ഉദാത്തമായ ഭാവമാണ് ആത്മസമർപ്പണം എന്ന് ഇതാ പാണ്ഡവന്മാരുടെ തറവാട്ടിലെ ആ കാരണവരുടെ ജീവിതചര്യയിലൂടെ വേദവ്യാസം മുനീശ്വരൻ ചിത്രീകരിച്ചു തന്നിലെ എല്ലാ ചൈതന്യവും ഭഗവാന്റെ ആ പരമാത്മ ചൈതന്യത്തിലേക്ക് അങ്ങട്ട് സംക്രമിപ്പിക്കുന്ന ആ നിമിഷം ഭാരത യുദ്ധഭൂമിയിലെ അവിടുത്തെ അത്ഭുതലീലകളാണ് ഭീഷ്മു പിതാമഹൻ പ്രത്യേകമായിട്ടും അനുസ്മരിച്ചത് സപതിരയോതീ പാർത്ഥസഖേരീർമ്മ യുദ്ധം ചെയ്യരുത് എന്ന് മറ്റുള്ളവരെ ഉപദേശിച്ച ഭഗവാൻ ഈ യുദ്ധരംഗത്തേക്ക് വന്നത് യുദ്ധോദ്യുക്തരായ മനുഷ്യ മനസ്സുകൾക്ക് ശാന്തിയും സമാധാനവും നൽകാൻ വേണ്ടിയിട്ടാണ് അവരുടെ ജീവചൈതന്യങ്ങളെ ഭഗവാൻ സ്വന്തം പരമാത്മ ചൈതന്യത്തിലേക്ക് ആകർഷിച്ചെടുത്തു അതിനുശേഷം നിമിത്തമാത്രം ഭവാസവ്യസാചിൻ എന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞതുപോലെ ആ വാസാംസു കീർണാനി യഥാവിഹായ ഈ ഉടുപ്പിന്റെ ആവശ്യമില്ല ഈ മനുഷ്യ ആവശ്യമില്ല മനുഷ്യ ജീവിതം കൊണ്ട് നേടിയെടുക്കേണ്ടത് അവർ നേടിക്കഴിഞ്ഞു സാക്ഷാത് പരമാത്മ ചൈതന്യത്തിൽ ആ ജീവചൈതന്യം ചെന്ന് വിലയം പ്രാപിച്ചു കഴിഞ്ഞു ഇനി ആ ശരീരം അവിടെ കിടന്നോട്ടെ ആറടി മണ്ണിൽ വിശ്രമിച്ചോട്ടെ സുഖമായി ഉറങ്ങിക്കോട്ടെ ഈ ഒരു കാരുണ്യം ആയിരുന്നു ഭഗവാൻ അവിടെ സമ്മേളിച്ച ഇരുപക്ഷങ്ങളിലായിട്ട് അണിനിരന്ന സകല ജീവരാശികളോടും കാണിച്ചത് ഒരാളോട് പ്രത്യേക വാത്സല്യം മറ്റൊരാളോട് വിദ്വേഷം ഇത് ഭഗവാനുണ്ടായിട്ടില്ല കൌരവപക്ഷത്ത് അണിനിരന്ന യോദ്ധാക്കളും പാണ്ഡവപക്ഷത്ത് അണിനിരുന്ന യോദ്ധാക്കളും ഇതാ ഭഗവാനെ കണ്ട് ആ ഭഗവാന്റെ ചൈതന്യത്തിൽ ചെന്ന് വിലയം പ്രാപിക്കുകയാണുണ്ടായത് ആ അതിസമ്മോഹനമായ രംഗം പിന്നെ തന്റെ വാക്ക് തെറ്റിയാലും ഭക്തന്റെ വാക്ക് ഒരിക്കലും തെറ്റിക്കില്ല എന്ന വാശിയോടുകൂടി ഭഗവാൻ ആയുധമെടുക്കില്ല എന്ന പ്രതിജ്ഞ ലംഘിച്ചുകൊണ്ട് തന്റെ നേർക്ക് ഒരു സിംഹത്തെ പോലെ അലറിപ്പാഞ്ഞു വന്ന രംഗം ഇങ്ങനെ ചെറിയ ചെറിയ ചില രംഗങ്ങൾ അഥവാ വലിയ വലിയ ചില അനുഭവങ്ങൾ ഭീഷ്മപിതാമഹൻ അനുസ്മരിച്ചു പിന്നെ ഒന്ന് രണ്ട് ശ്ലോകങ്ങളിലൂടെ ഭഗവാന്റെ വൃന്ദാവനലീല ഭഗവാന്റെ ദ്വാരക ലീല അതിൽ പ്രത്യേകിച്ചും ഇന്ദ്രപ്രസത്തിൽ വെച്ച് സർവ്വസജ്ജനങ്ങളും ഒരുമിച്ച് ചേർന്ന് ഭഗവാനെ അഗ്രപൂജ നടത്തിയ ആ രംഗം മുനിഗണനിർവര്യ അന്തസദസി യുധിഷ്ഠിരരാജസൂയേഷണം മമ ദൃശി ഗോചര ഏഷ ആവിരാത്മാമഹമജം ശരീരഭാജം ഹൃദി ഹൃതിധിഷ്ഠിതം ആത്മകൽപ്പിതാനമിവർക്കേകംസ്മീ വിധൂതഭേദമോഹ സൂര്യൻ പലേ പലേ പാത്രങ്ങളിൽ പ്രതിബിംബിക്കുന്നത് പോലെ പരമാത്മചൈതന്യം പലേ പലേ ജീവചൈതന്യങ്ങളായിട്ട് അങ്ങനെ പ്രത്യക്ഷപ്പെട്ട് ഇപ്പോഴിതാ എല്ലാം ഒരേ ഒരു ചൈതന്യമായിട്ട് പരിണമിക്കുന്നു അങ്ങനെയുള്ള ആ പരമചൈതന്യത്തിൽ അടിയന്റെ ഈ ജീവൻ എന്ന ചൈതന്യവും പല പല പരിണാമ ദശകളിൽ കൂടി കടന്നു പോന്നുവെങ്കിലും ഇപ്പോഴിതാ ആത്യന്തികമായിട്ട് ആ പരമാത്മ ചൈതന്യത്തിൽ ചെന്ന് വിലയം പ്രാപിക്കുന്നു സ്വന്തശ്വാസ ഉപാരമൽ സാധാരണ ശ്വാസം പോയി എന്നാറ് പറയരുത് ഇത് അന്ധശ്വാസ എല്ലാ ചൈതന്യവും ആ പരമാത്മ ചൈതന്യത്തിൽ വിലയം പ്രാപിപ്പിച്ചു കുറച്ചുനേരം എല്ലാവരുടെ ഹൃദയത്തിലും ആനന്ദസാന്ദ്രമായ അനുഭൂതി തുഷ്ടുവുർമുനയോ ഹൃഷ്ടാ കൃഷ്ണു ഭീഷ്മപിതാമഹന് ഏറ്റവും ഇഷ്ടമുള്ള ഒന്നാണ് ദിവസേന മുടങ്ങാതെ നടത്താറുള്ള നാമസങ്കീർത്തനാണ് സഹസ്രനാമം എന്നല സാധാരണ ആളുകൾ ഗായത്രി സഹസ്രാവൃത്തി നടത്തുക അങ്ങനെ ഒരു ഒരു സമ്പ്രദായമുണ്ട് നൂറ്റെട്ട് ഗായത്രിക്ക് പകരം സഹസ്രാവൃത്തി നടത്തുന്ന ആൾക്കാര് മഹാകേമന്മാര് ഭീഷ്മ സഹസ്രനാമത്തിന്റെ സഹസ്രാവൃത്തി പലപ്പോഴും നടത്താറുള്ള പുണ്യാത്മാവാണ് ആ ഭീഷ്മ പിതാമഹന്റെ പാവനസ്മരണയെ മുന്നിൽ കണ്ടുകൊണ്ട് സജനങ്ങളെല്ലാവരും അവിടുത്തെ സന്നിധാനത്തിലിരുന്ന് ശ്രീഗുരുവായൂരപ്പന്റെ സന്നിധാനത്തിലിരുന്ന് കൃഷ്ണഹൃദയാ ശ്രീകൃഷ്ണ പരമാത്മാവിനെ തന്നെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തൽഗുഹ്യനാമഭീതുഷ്ടു ഭഗവാന്റെ നാമസങ്കീർത്തനം ചെയ്തു ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ രാമ രാമ ഹരേ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ വാസുദേവാനുമോദിത ഭീഷ്മതാമഹന്റെ ചരമാനന്തരക്രിയകളെല്ലാം നിർവഹിച്ചതിനു ശേഷം പാണ്ഡവന്മാർ ഇതാ ഇന്ദ്രപ്രസ്ഥത്തിൽ തന്നെ തിരിച്ചെഴുന്നള്ളി തിരിച്ചെത്തി ഭഗവാൻ അവരോടൊപ്പം കുറച്ചുനാൾ കൂടി പാർത്ത് എല്ലാവരോടും വിടവാങ്ങി ആ ദ്വാരകയിലേക്ക് ഗംഭീരമായ യാത്രയപ്പ് സൽക്കാരം അതുപോലെ ദ്വാരകയിൽ അവിടുത്തേക്ക് ലഭിച്ച സ്നേഹോഷ്മളമായ സ്വീകരണം ഈ വക വളരെ വിസ്തരിച്ചാണ് ഇവിടെ അനുസ്മരിക്കുന്നത് പിന്നെ ഭഗവാൻ വീണ്ടും ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വന്നത് ഉത്തരാദേവി പ്രസവിച്ചു എന്ന വാർത്ത കേട്ടിട്ടാണ് ആ ഉണ്ണിയെ കയ്യിലെടുത്തിൽ ആളിച്ചപ്പോൾ അവിടുത്തെ മുഖത്തും എന്തെന്നില്ലാത്ത കാണുന്നതൊക്കെ കാണുന്നതൊക്കെ ഈശ്വരനെയാണ് ഗർഭേദൃഷ്ടം ഗർഭപാത്രത്തിൽ വെച്ച് താൻ കണ്ട അതേ സച്ചിദാനന്ദമൂർത്തിയെ ദ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു താൻ കാണുന്നു വളരെ ചുരുങ്ങിയ എത്രയോ സങ്കുചിതമായ വീക്ഷണഗതിയെ തനിക്ക് അനുവദിച്ചിട്ടുള്ളൂ പക്ഷെ എന്നിട്ടും അവിടെ വെച്ച് ഈശ്വരനെ കണ്ടു ഇപ്പോൾ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് കടന്നത് ഈ വിശാലമായ പ്രപഞ്ചത്തിലേക്കാണ് എന്നിട്ടും താൻ കാണുന്നതൊക്കെ ഈശ്വര ചൈതന്യത്തെ മാത്രം ഇങ്ങനെ അമ്മയുടെ ഗർഭപാത്രത്തിനകത്തു വെച്ചും ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നിട്ടും നിരന്തരമായ ഈശ്വരസ്മരണ ഒരു ജീവിതചര്യയായി മാറിയ ആ മഹാത്മാവ് മഹാപ്രതിഭൻ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ആ പുണ്യാത്മാവ് അദ്ദേഹത്തിന്റെ ജാതകർമ്മം അദ്ദേഹത്തിന്റെ ചോറൂണ് അദ്ദേഹത്തിന്റെ വാതിൽ പുറപ്പാട് അദ്ദേഹത്തിന്റെ ചൗളം അദ്ദേഹത്തിന്റെ ഉപനയനം അദ്ദേഹത്തിന്റെ യുവരാജട്ടാഭിഷേകം ഇതൊക്കെ കഴിഞ്ഞിരിക്കുന്നു പതിനെട്ട് വയസ്സ് പൂർത്തിയായിട്ടുണ്ടോ ഇപ്പോൾ ആങ്ങി വിഷ്ണുരാധൻ എന്നാണ് പേര് വിഷ്ണു രക്ഷിച്ച ആള് എല്ലാവരെയും നമ്മളൊക്കെ വിഷ്ണുരാധന്മാരും വിഷ്ണുരാധകളുമാണ് ഈശ്വരവോ രക്ഷത ഈശ്വരനെ നമുക്കൊക്കെ രക്ഷയുള്ളു അല്ലാതെ നമുക്ക് മാത്രം വേറെ ചില രക്ഷിതാക്കന്മാർ അങ്ങനെയില്ല ശ്രീയപതി യജ്ഞപതി പ്രജാപതി ധിയാംബതി ലോകപതി ധരാപതി പതിർഗതി വൃഷ്ണി സാത്വതാം പ്രസീതതാമി ഭഗവാൻ സദാമ്പതി എല്ലാവരുടെയും നാഥൻ ഭഗവാനാണ് നമ്മുടെ ഒക്കെ അതെ പക്ഷെ ആ ഉറച്ച ബോധം എപ്പോഴും ഉണ്ട് നമുക്ക് അത്രയൊന്നും ആ ബോധം ഉറച്ചു കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രം ശ്രമിക്കുന്നുണ്ട് നമ്മൾ ഭഗവാൻ അന്ന് ദ്വാരകയിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് പരീക്ഷിത്തിനെ അങ്ങോട്ട് ചെന്ന് കണ്ട് ആ രാജകുമാരന്റെ ശിരസിൽ രണ്ട് തൃക്കൈകളും വെച്ച് അനുഗ്രഹിച്ചു പ്രഹ്ലാദിനെ മടിയിലിരുത്തി നരസിംഹമൂർത്തി അനുഗ്രഹിച്ചതുപോലെ എന്നിട്ട് അർജുനനോടൊപ്പം ദ്വാരകയിലേക്ക് തിരിച്ചു എഴുന്നള്ളി ഗതാസപ്തഅുനാ മാസാഹ ഏഴു മാസത്തോളം ഒറ്റ ആയിട്ടുണ്ട് ഭഗവാൻ ദ്വാരകയിലേക്ക് പോയിട്ട് എട്ടാം മാസായി ഇതുവരെ ഭഗവാൻ വന്നിട്ടില്ലേ പണ്ടൊക്കെ ഇങ്ങനെയല്ല പ്രത്യേകിച്ചും ഉത്തരാദേവിക്ക് ഉണ്ണിയുണ്ടായി എന്ന് കേട്ടാ അന്ന് തൊട്ട് ഭഗവാൻ കൂടെ കൂടെ വരാറുണ്ട് ഇത് എന്താ അത് ഭീമസേന വരണില്ലോ അവിടെ നിന്ന് എന്തായാലും വരാത്തത് അർജുനൻ എന്തായാലും ഇങ്ങനെയൊക്കെ അല്പം മനോരാജ്യം വിചാരിച്ചു നിൽക്കുമ്പോഴാണ് തീരെ അപ്രതീക്ഷിതമായിട്ട് ഒരു മഹാത്മാവ് ഇതാ അങ്ങോട്ട് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് കയറി ചെല്ലുന്നത് ീർയാത്രായ്മൻത്താമയ പാണ്ടോ ജാതയസ്ത്രീയ പ്രാണം തന്നെ യുവാഗലും അഭിസംഗമൽ പരിശ്രംഗ രാജാമേംഖ്യ അദൃതു ആശുദാവായദവ സവര്യാപ്സലമാഹൃതി ഇതിക്രോതത്മരാജേൻ സർവന്ദര സഹദന്നേ യഥാനു ഭൂതഗ്രമശോബിനായതു രക്ഷേയം നന്നോപ്รียം ദുർവിഷകബ്ദാം നാം സമബ്സ്തിതം മാവേദേ നാവേദേയസഗരുണ ദുഖദന്തഷ്ടപക്ഷമാ കജ്ജൽ കാലമതാവാസി സക്രദൂദേവഹസ്തം പ്രാദൂർ ജേഷ്ഠസശേസ്ക സർവേശാം ഭീദി മാമ അവിഭ്രദ്യമാദല്ലം യതാവതകകാരഷു യാവതസാല ഷോദത്വം ശാബാദ് വശശതം നിവ ദൃഷ്ടിരൂലബ്ധരാജോ ദിഷ്ടോപപുത്രം ഗലകുലന്തരം പ്രാദവല്ലുഹവാലാപിർമമദൈ परेया शिअप एव गृहेषु सक्तानां प्रवत्तानां दधीहया अत्यक्राव अदिक्क्रामर विद्यादा कालपरम दृष्टराम विदुरस्तम उप्रेक धृद्राष्ट्रम भास राजेंद्र गम्मेदाम शीघ्र पश्येदम भयमागत प्रक्रियया नेस्येया करिहजिल प्रभुस्य एव भगवद्गार सर्वेषां समग्रदा एरेयैव अभिपनोयम् प्राणेय प्रीतमीलवि जनसत् जोवी केम अन्येदन आदिभिः दुर्भाले सुल्पोत्था हदास्तेभिः तम्या आत्मा आत्माव जरेयाग्रस्ता परगेह उपवासति അഹോമയിദായം ഭീമാവർജിതം ആദത്ത് അഗ്നി ഗരുദാരശോഷ്ടം തന്നെ ജീവിഷോ പലയിനിച്ഛോന്നോ ജനേ ആവാസ ಗದಸ್ಯର୍ത്ഥ비ಮম্মೋหัม ବିരକ୍ତୋ ମୁକ୍ତବେନ୍ଦ୍ରା ବିజ్ఞାଦଗଦ୍ଧିକେଲ ସବେଇରିନୁଦାଗଦ୍ୟସ୍ତୋକାଳପରଦୋବେହା ଯାତର୍ବେଦାଳ ପବନ ହୃଦିଗିତୁବାହରିକେହାଲ ପ୍ରଭବ ଜେହସନରୂଦବା ଅଦୋଲିୟିମ୍ ଦିସବ୍ୟାଜ ସୋଇରଜ୍ଞାଦିଦ୍ଧ ପବତ ଇତ୍ତ୍ୟ ଏଦୋରୁବା ପ୍ରାୟଶକାଳ ପୁଂସାପ୍ପୁନବେଗ ଶ୍ରାପ ଏବଂ ଯାଜା ବିଧୁରେନାରୁଜେନ ପ୍ରଜ୍ଞାଳକ୍ଷର ବୋଧିଦ ଆରବୀଦତ୍ ଚିତ୍ତବାଶେଷୁ ସ୍ରେହବାସନ ଲିବୁ ନିଷ୍ଚକ୍ରାମା ପ୍ରାଦସନ୍ଦର୍ଶିତତ୍ୱା ପଦିବ୍ରୟାଗ୍ନଂ ସ ഹിമാലയം ദത്തോത്രോഹു